السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه الفائزين برضا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي جاء بالصدق وصدق به اولئك هم المتقون <...ichtig> ും സ്നേഹാദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ അനുഗ്രഹീത സെഷനിലെ സാന്നിധ്യങ്ങളായ കോഴിക്കോട് ഗാന്ധി ബഹുമാനപ്പെട്ട നാസർ അബ്ദുൽഹി തങ്ങളവുകൾ അഭിമുഖനായ കെ ടി അബ്ദുൽ മൗലവി സുന്നി യോജന പ്രസ്ഥാനത്തിൻ്റെ ബഹുമാന്യനായ സാരഥി അബ്ബറീമാൻ കല്ലായി സാഹിബ് മാണിയൂർ അഹമ്മദ് മൗലവി മറുഭാഗത്ത് അവശേഷിച്ചിൻ്റെ നന്മയുടെ കണികയും നിൽക്കേണ്ടത് അവിടെയല്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന മംഗലാബുലം കാമി ഉസ്സാദ് തോക്ക അഹമ്മദ് മൗലവി നമ്മുടെ ഈ വേദിയിൽ ഉപനിഷ്ടരായ ബഹുമാന്യരായ സമസ കേരള ജമയ്യ തുലമായയുടെയും പോഷക ഘടകങ്ങളുടെയും അഭ്യന്തരായ പണ്ഡിത നേതാക്കൾ ഉമറാക്കൾ ഇനി വിഷയം അവതരിപ്പിക്കാനിരിക്കുന്ന ബഹുമാന്യരായ സലാഹുദ്ദീൻ വലിച്ചടക്കമുള്ള ബഹുമാന്യരായ സഹപ്രവർത്തകർ നമ്മുടെ ഈ ക്യാമ്പിനെ സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രാസ്ഥാനിക പ്രവർത്തകർ നമ്മുടെ നേതാക്കന്മാർ അള്ളാഹു സുബാന നമ്മുടെ ഈ ക്യാമ്പ് ഇത്രയും നല്ലൊരു വിജയമാക്കിയതുപോലെ നമ്മുടെ പൊതുസമ്മേളനവും ഒരു മഹാസംഭവമാക്കി മാറ്റാൻ സഹായിക്കുമാറാവട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിശാലമായ പന്തൽ ഇവിടെ ഒരുക്കുമ്പോൾ എന്താകുമെന്ന് ചിന്തിച്ചുകൊണ്ട് അത്ഭുതപ്പെട്ടത്തിലെ ആളുകൾ നമ്മുടെ ഈ യോഗം പരാജയപ്പെടുത്താനുള്ള ചില കുൽ ശ്രമങ്ങളൊക്കെ നടത്തി നിങ്ങൾക്കറിയാമായിരിക്കാം അവർക്കൊക്കെ മധുരമായി മറുപടി നൽകുന്ന ഒരു ക്യാമ്പും അതോടൊപ്പം അവരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മഹാസമ്മേളനവുമാണ് ഇൻഷാ അള്ളാഹ് നടക്കാൻ പോകുന്നത് അള്ളാഹു സുബഹാനമ്മെ സഹായിക്കുമാറാവട്ടെ കൃത്യസമയത്തിനുള്ളിൽ വിഷയം അവതരിപ്പിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ട് വളരെ ചുരുക്കി ഈ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ വശങ്ങൾ പ്രിയപ്പെട്ട സദസ്സിന് കൈമാറുക എന്നതാണ് എൻ്റെ ധർമ്മം സമസ കേരള ജമയ്യത്തുളം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം അതാണ് കേരളീയ അടയാളം സത്യസാക്ഷ്യത്തിന്റെ കേരളീയ അടയാളം എന്ന് നമ്മുടെ സമൂഹത്തെ ഇങ്ങനെയൊരു വിഷയം നമ്മുടെ പ്രോഗ്രാമിൽ ചേർത്തതിൻ്റെ ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും കേരളീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധ അദ്ദീമൽ ഇസ്ലാം വളരെ നേരത്തെ അവരിലേക്ക് കൈമാറിയത് മഹാന്മാരായ സ്വഹാബത്തായിരുന്നു എന്നത് ചരിത്രം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു യാഥാർത്ഥ്യമാണ് മഹാനായ മാലികബുദ്ദീൻ അബി അള്ളാഹു തലഹും സംഘവും ഇസ്ലാമിക പ്രബോധനം വ്യാപകമായി നമ്മുടെ കേരളത്തിൽ നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ദീമുൽ ഇസ്ലാമിന്റെ സന്ദേശം നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നതിന് വ്യക്തവും യുക്തവുമായ ചരിത്ര സൂചനകൾ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയും എന്നാൽ മാലിക ദിനാർ നബി അള്ളാഹു തനുഖുവിന്റെ കടന്നു വരവിന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ആ കടന്നു വരവിന്റെ പശ്ചാത്തലമൊരുക്കിക്കൊണ്ട് രാജാവ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീരു ഇസ്ലാം ഉൾക്കൊള്ളുന്നതിനു വേണ്ടി അറേബ്യൻ പര്യടനം നടത്തിയത് ഒട്ടുമിക്ക ചരിത്രകാരന്മാരും വളരെ മനോഹരമായി ചരിത്രരേഖകളിൽ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട് ഇന്ത്യ ചരിത്രം ചില പ്രമുഖ ചരിത്രകാരന്മാർ വളരെ വിശദമായി ഈ ചരിത്ര സത്യം അവതരിപ്പിച്ചിട്ടും അത് അംഗീകരിക്കാതെ അങ്ങനെ ഒരു ബാണപ്പെരുമാൾ അല്ലെങ്കിൽ കുലശേഖര രാമവർമ്മയെ പോലുള്ള ചരിത്രത്തിൽ വ്യത്യസ്താഭിപ്രായങ്ങൾ പറയുന്ന കൊടുങ്ങല്ലൂർ രാജാവ് അങ്ങനെ ഒരു വിദേശയാത്ര നടത്തിയിട്ടില്ല എന്ന് ഇന്നും കേവലം ചില ചരിത്രകാരന്മാർ മാത്രം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പേരിലുള്ള ചർച്ചകളും മറുപടികളുമൊക്കെ പലപ്പോഴും കണ്ടവരും വായിച്ചവരും മനസ്സിലാക്കിയവരുമായിരിക്കും നമ്മുടെ സദസര ബഹുഭൂരിപക്ഷം പണ്ഡിത പ്രതിഭകളും അതുപോലെ തന്നെ ചിന്തകന്മാരായ പ്രതിനിധികളും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യാ ചരിത്രത്തിന്റെ പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ അക്ബർ ഷാഹാൻ നജീബാബാദി എഴുതിയ ആയിനെ ഹക്കീക്കത്ത് നാമ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഈ യാത്രയെക്കുറിച്ച് വളരെ മനോഹരമായി സൂചിപ്പിച്ചതായി കാണാൻ നമ്മുടെ കേരളത്തിൽ തന്നെ വളപട്ടന്ന് കാവന്മാരുടെ വീട്ടിൽ കയ്യെഴുത്ത് കവിതയുണ്ടായിരുന്നു ആ കയ്യെഴുത്ത് കവിതകൾ ചരിത്രകാരന്മാരെ തെരഞ്ഞെടുത്ത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് വളരെ വ്യക്തമായി കൊടുത്തപ്പോൾ അതിൽ ഈ കേരളത്തിൽ നിന്നും ഒരു രാജാവ് ചന്ദ്രന്റെ പിളർപ്പ് കണ്ടുകൊണ്ട് വിദേശയാത്ര നടത്തുകയും മിശ്രാമതം സ്വീകരിക്കുകയും ചെയ്തു എന്ന ചരിത്രം രേഖപ്പെടുത്തിയതേ കാണാൻ കഴിയും സയ്യിദ് മുഹമ്മദ് മുഹമ്മദ് ആ ചരിത്രകൃതി കൈയ്യെഴുത്ത് കവിത എഴുതിയത് എന്നുകൂടി ചരിത്രരേഖകൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു മാത്രമല്ല ആംഗലേയ ചരിത്രകാരന്മാർ പോലും നമ്മുടെ ഈ രാജാവിനെ ഇങ്ങനെ സംഭവം വിശദീകരിച്ചു കൊടുത്തതിന്റെ ചരിത്ര മില്ലർ സാഹിബ് തന്റെ മലബാറിലെ മാപ്പിളമാരെ ആധികാരികമായ ചരിത്രരേഖയിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം പര്യടനത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിലൂടെ കടന്നു വന്ന് ആദമല കാണാൻ പോയ സംഭവം വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഭാഗത്ത് അവർ കടന്നു വന്നതും അവരോട് രാജാവ് ഈ ചന്ദ്രൻ പഠന സംഭവത്തെക്കുറിച്ച് ചോദിച്ചതും അദ്ദേഹം അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് വിദേശത്ത് പോയി അഷറഫ്ൽ മുഹമ്മദ് മുസ്ഫ സുലുലൈഹി വസല്ല തങ്ങളെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ടായതും വ്യക്തമായി അദ്ദേഹം millara sambhavanthorunnana <laughs> thanne a party of muslim pilgrims all their way to visit the footprints in at adam's park in sri lanka sri lankayile adam park sandarshikkanathinu vendi oru muslim sangham yathra pogunna samayath avar kodungalil irangugeyum rajavane kanugeyum chatha sambhavam vadare vishadamayi adekhan thande granthathil soojippikunnad parathi parayan samayathinte parimidhi ulladukonde soojanalgal mathramaanu nalkunnathu nishedhikal polum vadare vekthamayi charithram padikkayanangil a muslim charithragarmaar poley edhivechathu ഈ വസ്തുതയെ യാഥാർത്ഥ്യവൽക്കരിക്കുന്ന രീതിയില്ല അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്ന ലാലാ ഹംസരാജ് അദ്ദേഹം കർണാടക ഭാഷയിൽ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ജഗദ്ഗുരു എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ജഗദ്ഗുരു എന്ന് പറയുന്ന തന്റെ പുസ്തകത്തിൽ ലാല ഹംസരാജ് വിശദീകരിക്കുന്നത് ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും ഞാൻ സത്യാഗ്രഹ കാലത്ത് അറബി വംശജരായ മാപ്പിളമാരുടെ ലഹളയുടെ കാരണമറിയുവാൻ മലബാറിൽ പോയപ്പോൾ അവിടെ ഒരു ഹിന്ദു ദേവാലയത്തിൽ സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട ഒരു ശിലാലിഖിതം ശ്രദ്ധാപൂർവം വായിച്ചു അതിൽ അവിടുത്തെ രാജാവ് മുസ്ലിം ആയത് ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു ഇതൊരു ഹിന്ദുവായ അതും അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്ന ലാലാ ഹംസരാജാണ് എടുക്കുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ ഒരു രാത്രിയിൽ ചന്ദ്രൻ പുടന്നത് കണ്ട് ആ ലിഖിതം അദ്ദേഹം എഴുതിയത് പകർത്തുകയാണ് ഒരു രാത്രിയിൽ ചന്ദ്രൻ പുടന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു ജ്യോതിഷന്മാരെ വരുത്തി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു അവർ ഗണിച്ചു പറഞ്ഞ രാജാവെ രാജ്യത്തെ ഒരു മഹാപുരുഷൻ ജനിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ മതം ഇഹപര ഭാഗ്യങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് അദ്ദേഹം കാരണമാണ് ഈ സംഗതി നടന്നത് ഞാൻ ആ മഹാപുരുഷന്റെ സത്യസ്ഥിതി അറിയാൻ കുറെ പണ്ഡിതന്മാരയച്ചു അവർ മക്കയിലേക്ക് പോയി സംസാരിച്ചു ജ്യോതിഷക്കാർ പറഞ്ഞത് ശരിയാണെന്ന് മടങ്ങി വന്നപ്പോൾ പറഞ്ഞു യാഥാർത്ഥ്യം വിവരിച്ചു കേട്ടപ്പോൾ എനിക്ക് ആ പുരുഷനോട് ആദരവ് തോന്നുകയും ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാളാവുകയും ചെയ്തു ഇങ്ങനെ ഒരു ലിഖിതം കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൽ കണ്ടു എന്ന് എഴുതിയത് ലാലാ ഹംസരാജാണ് ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും ബാണപ്പെരുമാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് വേണ്ടി പോയതും അദ്ദേഹം അവിടെ ചെന്ന് അള്ളാഹുബിന്റെ പരിശുദ്ധ ഹബീബിനെ കാണുകയും ഇസ്ലാമതം വിശ്വസിക്കുകയും മടങ്ങുകയും ചെയ്ത ആ സംഭവത്തിന്റെ പശ്ചാത്തലം തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു പെരുമാൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആ യാത്ര നടത്തിയതിനെ കുറിച്ച് സംസ്കൃതത്തിൽ നമ്മുടെ വ്യക്തമായി പഠിച്ച എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു എന്ന് സെയ്ദ് സുലീമാൻ നദവി തന്റെ അറബോ ഹിന്ദുക്കെ താലുഖാത്ത് എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അതിനു ലണ്ടൻ ലൈബ്രറിയിൽ ക്രിസ്തു ഷക്കുദ്ദീൻ പെരുമാൽ എന്ന് പറയുന്ന രണ്ട് അറബി കവിതകൾ ഉള്ളതായി ചരിത്രകാരന്മാർ ഉല്ലേഖനം ചെയ്യുന്നു ഇതിലൊക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് ഇസ്ലാം നമ്മൾ കടന്നു വന്നതിന്റെ പശ്ചാത്തലം വിശദീകരിക്കുന്നുണ്ട് ഈ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ തന്നെ അന്നാഹവിന്റെ പരിശുദ്ധതയുടെ സ്ലാ അഥവാ സത്യസാക്ഷ്യത്തിന്റെ അടയാളം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്തി എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും അതാണ് സത്യവും അതാണ് ഈ സമൂഹം ഇതുവരെ പഠിച്ചിട്ടുള്ളത് ബാക്കിയുള്ള നിഷേധങ്ങളൊക്കെ ആസ്ഥാനത്താണ് ചരിത്ര രേഖകൾ വെച്ച് നമുക്ക് തെളിയിക്കാൻ കഴിയും തന്നെയുമല്ല ഷെയ്ഖ് ഉമർ സുഹ്രിയുടെ ലഹുലത്തിൽ മുന്നൂക്കിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ലഹിലത്തിൽ മുന്നൂക്കിൽ ഉദ്ധരിക്കുന്നു മക്കയുടെ യാത്രയിൽ സ്വർണം വെള്ളി രത്നം എന്നിവ അടങ്ങുന്ന ഇരുപത്തിയൊന്ന് പെട്ടികൾ കപ്പലിൽ കയറ്റിക്കൊണ്ടാണ് അദ്ദേഹം പോയത് ആ പോക്കിനെ സൂചിപ്പിക്കുന്ന കൂടുതൽ ബലപ്പെടുന്ന രേഖകളാണത് ചുരുക്കത്തിൽ ആ യാത്രയെക്കുറിച്ച് ഒരുപാട് ചരിത്രകാരന്മാരെഴുതിയ ഉദ്ധരണികൾ ആവശ്യമില്ലാത്ത വിധം വളരെ വ്യക്തമായി തെറ്റപ്പെട്ടതാണ് കേരളത്തിന്റെ സത്യസാക്ഷി അടയാളം പറയുമ്പോൾ അത് കടന്നുവന്ന വഴികൾ സൂചിപ്പിക്കുക ആ വസ്തുതക്ക് പിൻബലമേകുന്ന കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് അതോടൊപ്പം തന്നെ ആ കടന്നു വന്ന പരിശുദ്ധ ദിനനുസരണങ്ങളുടെ പ്രചരിച്ചത് നമ്മുടെ പൂർവിക പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് പള്ളികൾ നിർമ്മിച്ചുകൊണ്ട് ആ പള്ളികളിൽ കവാതിമാരെ നിയോഗിച്ചുകൊണ്ട് അവർ ഇസ്ലാമിക പ്രബോധനത്തിനും ഇസ്ലാമിക ആരാധനാ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു പ്രബോധന പ്രവർത്തനമാണ് പൂർവീക സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പള്ളി നിർമ്മാണ കാലഘട്ടത്തിൽ മാലിക്കബുര ഹബീബ് റദിയമ്മുത്തറാൻ നേതൃത്വം നൽകിക്കൊണ്ട് നിർമ്മിച്ച ഒരു പള്ളിയാണ് ചാലിയം പള്ളി ആ ചാലിയം എന്ന് പറയുന്നത് കോഴിക്കോടിന്റെ ഒരു പ്രതാപഐശ്വര്യം നിലനിരുന്ന കാലഘട്ടത്തിൽ കേന്ദ്ര ആ കോഴിക്കോടിന്റെ പ്രതാപം നിലനിൽക്കുന്ന കാലത്ത് ചാലിയമായിരുന്നു അതിന്റെ ഒരു പ്രദേശത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന രീതിയിൽ ഒരു കേന്ദ്ര ബിന്ദു അന്ന് അവിടെ ബഹുമാനപ്പെട്ട മാലിക്കുബൻ ഹബീബ് നബി അള്ളാഹു താലാവ് നിർമ്മിച്ച പള്ളിയിൽ അദ്ദേഹം കാളിയായി നിയോഗിച്ചത് മൊഹമ്മദ് മദനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പൗത്രൻ അഥവാ പേരക്കുട്ടിയും ആ പേരക്കുട്ടിയെ സൈരുദ്ദീൻ മദനി എന്നാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ പറയപ്പെടുന്നത് ആ മഹാനുഭാവനെയാണ് അദ്ദേഹം അവിടെ കാളിയാക്കിയത് അദ്ദേഹത്തെ കാളിയായി നിയോഗിക്കുകയും അദ്ദേഹം വഴി ഇസ്ലാമിക പ്രബോധനത്തിന്റെ നേതൃത്വം അവിടെ നിർവഹിക്കപ്പെടുകയും ചെയ്തു ഈ കാദി നേതൃത്വം കൊടുത്ത ആ കാതി പരമ്പര നമ്മൾ ശരിക്കും പരിശോധിച്ചാൽ കോഴിക്കോട് കാതി പരമ്പര ഒരു തുടക്കമാണെന്ന് ആ കോഴിക്കോട് കാതി പരമ്പരയിൽ പ്രോത്സവരായ ഒരുപാട് പണ്ഡിതന്മാർ പിൽക്കാലഘട്ടത്തിൽ കടന്നു വന്നു ഇന്ന് ആ കാതി പരമ്പരയിൽപ്പെട്ടൊരു വ്യക്തി കൂടി നമ്മുടെ വീതിയിലിരിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു യാഥാർത്ഥ്യമായത് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിൽ കോഴിക്കോട്ട് കാദിമാരെ കുറിച്ചും കോഴിക്കോട്ടെ കാദിമാരുടെ പ്രഥാപരിശീരത്തെക്കുറിച്ചും ഒക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനാലാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കേരളം സന്ദർശിച്ച ഇബുനബത്തൂത്താർഫി ഒംസാരി എന്നൊരു ഗ്രന്ഥം ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ യാത്രാ വിതരണമാണ് ആ കൃതിയിൽ സന്ദർശനകാനത്ത കാദിയായിരുന്നത് ഫഹറുദ്ദീൻ ഉസ്മാൻ ആയിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അന്ന് മുതലേ കോഴിക്കോട്ടെ കാദിമാരുണ്ട് ആ കാതിമാർ ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തിരുന്നു ആ കാദിമാരെ നിയോഗിച്ചതിന്റെ ആദ്യഘട്ടമാണ് ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ കടന്നു വന്ന ഇസ്ലാമിന്റെ പ്രബോധകർ അറേബ്യയിൽ നിന്ന് വന്ന നേരായ സത്യസാക്ഷ്യത്തിന്റെ അടയാളം കൊണ്ടുവന്ന ആളുകളാണ് അത് കോഴിക്കോട്ട് ആളെ നിയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ സംവിധാനം ഒരുക്കി ആ സംവിധാനത്തിന് കീഴിൽ വരുന്ന കാതിമാരുടെ കൂട്ടത്തിൽ ഇബിനിപദ്വത്തെ സന്ദർശിക്കുമ്പോൾ ഇന്നയാളായിരുന്നു കാദി എന്ന് അദ്ദേഹം പറയുന്നു അക്കാലഘട്ടത്തിൽ ഫഹുദ്ദീൻ റമദാൻ ശാലിയാത്തി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ കോഴിക്കോട്ട് കാദിയായിരുന്നു ആ കാദിയുടെ പള്ളി ദറസിൽ പോയി ഊതിപ്പടിച്ച മഹാനാണ് ചരിത്രത്തിലേറെ ബഹുമാനപ്പെട്ടി ആ മഹാനുഭാവൻ ആ പള്ളി ദൃശ്യം പഠിച്ച ശേഷമാണ് പൊന്നാനിയിൽ ഒരു വലിയ ദൃശ്യം അതുവഴിയാണ് ഈ സത്യസാക്ഷ്യത്തിന്റെ അടയാളം കേരളത്തിൽ വ്യാപകമായി വരുന്നതും ആ വ്യാപകമായ കടന്നുവരവിന്റെ വഴിയാണ് ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ നാം പരിശോധിക്കുമ്പോൾ പൂർവ്വ തന്നെ ഈ മഹത്തുക്കൾ കേരളീയ ജനസമൂഹത്തിന് ഈ വെളിച്ചം പകർന്നു കൊടുക്കുകയും വലിയ ഒരു നവോത്ഥാന ചൈതന്യം ഈ കൊച്ചു കേരളക്കരയിൽ അന്ന് മുതൽ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണമായി നിങ്ങൾ നോക്കൂ കോഴിക്കോട് കാദി കുടുംബത്തിൽ അന്ന് നേതൃത്വം കൊടുത്തിരുന്ന മഹാനാണ് കാദി മുഹമ്മദ് ബിൻ അസീസ് എന്ന മഹാപണ്ഡിതൻ ആ മഹാപണ്ഡിതൻ ഏകദേശം ഒരു നാനൂറ് വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഒരു സംഭവഗതി ഇങ്ങനെ ആലോചിച്ച് നോക്കൂ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി അദ്ദേഹം അന്ന് എഴുതുന്ന ഗ്രന്ഥങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടം പോലെയല്ലല്ലോ ഈ വിപുലമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒന്നും കേരളത്തിൽ അന്ന് ബഹുമാനപ്പെട്ട റിയപ്പെടുന്നബ്ദുൽസ് എന്ന ഈ മഹാപണ്ഡിതൻ അന്ന് എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ മുന്താൽ അതുപോലെ തന്നെ അപ്രകാരം തന്നെ നസീമത്തു മോമിനും ഈ ഗ്രന്ഥങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം രചിച്ചു എന്ന് മാത്രമല്ല അതിൽ പല ഗ്രന്ഥങ്ങളും മലയാളത്തിലേക്ക് അഥവാ അറബി മലയാളത്തിലൂടെ വിവർത്തനം എന്ന ഗ്രന്ഥം തടി ഉറുദി മാല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് നമ്മുടെ സമൂഹത്തിൽ ആ മഹാനുഭാവനാണ് അക്കാലഘട്ടത്തിൽ മുബീൻ എന്ന് പറഞ്ഞ ചരിത്രത്തിൽ ഈ ഫത്തുഹുൽ മുബീൻ പരിശോധിച്ചാൽ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് വൈദേശിക അധിനിവേശികൾക്കെതിരെ ധീരോദാത്തമായി ജനസമൂഹത്തെ പൊരുതാൻ പ്രേരിപ്പിച്ച ഒരു ഗ്രന്ഥമാണത് തികച്ചും ഈ സമൂഹത്തെ വിദേശികൾക്ക് വിരുദ്ധരായി ചിന്തിക്കുന്നതിന് വേണ്ടി സ്വന്തം നാടിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ സമൂഹത്തെ പഠിപ്പിച്ച ഒരു പണ്ഡിത പ്രതിമയാണ് കാദി മുഹമ്മദ് ബുൻ അബ്ദുൽ അസീസ് ഈ ചരിത്ര സാക്ഷ്യം നമ്മൾ മുന്നിൽ വയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം മഹാനായ കാലി മുഹമ്മദിന്റെ ഈ ഗ്രന്ഥത്തെ ഇന്ന് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും പുകഴ്ത്തും ഏതെങ്കിലും ഒരു ചർച്ചയോ സെമിനാറോ സിംബോസിയമോ നമ്മൾ നടത്തിയാൽ അവിടെ ഏത് വിദഗ്ധകാരൻ വന്നിരുന്നാലും ശരി മഹാനായ കാലി മുഹമ്മദിന്റെ ഈ ഗ്രന്ഥത്തെ അവർ വളരെ വ്യക്തമായി പുകഴ്ത്തും എന്തുകൊണ്ട് അതൊരു അധിനിവേശ വിരുദ്ധ സാഹിത്യമായതുകൊണ്ട് ഈ അധിനിവേശ വിരുദ്ധ സാഹിത്യത്തെ അവരെ മനോഹരമായി സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കും പക്ഷെ നമ്മൾ ഓർക്കണ്ടേ ഇതേ കാലി മുഹമ്മദാണ് നമ്മുടെ സമൂഹത്തിന് മൊഹീദീൻമാല രചിച്ചു കൊടുത്തത് രണ്ടും ഒരേ കൈകളിൽ നിന്ന് വന്ന കഥകള മൊഹീദീൻമാല അംഗീകരിക്കാൻ കൊള്ളില്ല അതേ സമയത്ത് കാദി മുഹമ്മദിന്റെ പത്തുകൾ മുബൻ കൊള്ളാം ഇത് രണ്ടും കാലി മുഹമ്മദിന്റെ അന്നത്തെ ഒരു കാഴ്ചപ്പാട് പോലും നോക്കണം ഇവിടെ നവോത്ഥാനം അവകാശപ്പെടുന്ന ചില ആളുകളുടെ ഈ സത്യസാക്ഷ്യത്തിന്റെ അടയാളത്തെ തിരസ്കരിച്ചു ഞങ്ങളാണ് കേരളത്തിൽ നവോത്ഥാനം അഥവാ ജനങ്ങൾക്ക് പുരോഗതിക്കുള്ള വഴി വെട്ടിത്തെളിച്ച് കൊടുത്തവരൊക്കെ പറയുന്ന ആളുകളുണ്ട് ആ ആളുകൾ കൂടി മനസ്സിലാക്കണം അല്ലെങ്കിൽ അവർ നമുക്ക് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം സത്യത്തിൽ കാദി മുഹമ്മദ് അന്ന് എഴുതിയ ആ ഗ്രന്ഥം ഫുഹുൽ മുബീൻ എന്ന് പറയുന്ന ആ കൃതി രണ്ടു കാര്യങ്ങൾ പ്രധാനമായി ഇവിടെ എടുത്തു ഒന്ന് ഇവിടുത്തെ ഹിന്ദു മുസ്ലിം മൈത്രി സാമൂതിരി മഹാരാജാവും മുസ്ലിംകൾക്ക് ചാലിയത്തെ പള്ളി പോർട്ടുഗീസുകാർ പൊളിച്ചതിനെതിരെ സംരക്ഷണം നൽകിയ കഥയാണത് രണ്ടാമത്തെ ഒന്ന് പോർച്ചുഗീസുകാർക്കെതിരെ പോർച്ചുഗൽ അധിനിവേശത്തിനെതിരെ പറങ്കികൾക്കെതിരെ ദേശസ്നേഹികൾ കൈകോർത്ത് പിടിച്ച് നിൽക്കണം എന്ന ഒരു ചരിത്ര പാരമ്പര്യം അതേ നമുക്ക് വിജയം നൽകിയിട്ടുള്ളൂ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വരെ അടിത്തറാണ് ഇന്ത്യയുടെ മക്കൾ ഒരുമിച്ച് നിൽക്കുക വിദേശീയ തുലർത്തുക എന്നതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം മൈത്രി ബന്ധം ഈ രണ്ട് കാര്യങ്ങളും ആ കൃതിയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടല്ലോ അദ്ദേഹം ആ തന്നെ പറയുന്ന വാചകം എന്താണ് ഈ കഥ വളരെ അത്ഭുതകരമായ ഒരു കഥയാണെന്ന് അദ്ദേഹം കാരണം അങ്ങനത്തെ ഒരു സംഭവം ഇന്ന് മൈത്രി പോലും തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നാല് നൂറ്റാണ്ടു മുമ്പ് നമ്മുടെ സമൂഹത്തിൽ ആ മഹാനായ കാദി മുഹമ്മദിന്റെ പാരമ്പര്യം പേറിയവർ നമ്മളാണ് കാരണം ആ പാരേധിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു നവോത്ഥാനം എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും മറ്റാർക്കും അവകാശമില്ല എന്ന് ഉച്ചനും പറയേണ്ടവട നമ്മൾ അതാ നമ്മുടെ പാരമ്പര്യം അദ്ദേഹം വന്നു പറഞ്ഞൊരു വാക്കുണ്ട് ഇത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മൈത്രിയുടെ കഥയാണ് <Es> like a a ും അതുപോലെ തന്നെ അവരുടെ സഹായ സാമൂതിരിയും അദ്ദേഹത്തിന്റെ എതിരാളികളായ പറങ്കികളും നമ്മുടെ എതിരാളികളായ പറങ്കികൾ ആ പറങ്കികളും എതിരെയുള്ള ഒരു സംഘടനത്തിന്റെ ചരിത്രമാണ് ഞാൻ ഉദ്ധരിക്കുന്നത് എന്തൊരു മതമൈത്രി അതോടൊപ്പം തന്നെ എന്തൊരു ദേശസ്നേഹം ദേശസ്നേഹവും മതമൈത്രിയും ഈ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ട് വൈദേശിക അതിരവേശികൾക്കെതിരെ ധീരോദാത്തമായി പൊരുതാൻ ഈ സമൂഹത്തെ സമര സജ്ജരാക്കിയ ഒരു തലമുറയുടെ നായകനാണ് കാദി മുഹമ്മദ് നമ്മുടെ നവോത്ഥാനം അവിടെയാണ് ആരംഭിക്കുന്നത് കേരളീയ ചരിത്ര കേരളീയ സത്യപ്രസ്ഥാനത്തിന്റെ അടയാളം അവിടെയാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ആ മഹാനുഭാവന്റെ ചരിത്രം പഠിച്ചു നോക്ക് നിങ്ങള് അവിടെ നിങ്ങോട്ട് പോന്നാൽ ആ ദാദു കുടുംബത്തിൽ ജനിച്ച പ്രതിൽപടായ പണ്ഡിതന്മാർ അഖില സുന്ന പന്ധാവിലൂടെ കടന്നുപോയവർ മൊഹീദിയുമാല രചിച്ചതുപോലെ പിന്നീട് മോയിൻകുട്ടി വൈദ്യുരുമാല രചിക്കുന്നതിന് വേണ്ടി ഉഹിത പടപ്പാട്ട് രചിക്കുന്നതിന് വേണ്ടി ആവശ്യമായ സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതാരാ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട കിൽസന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞി കാട്ടി കുടുംബത്തിലെ മഹാന കിൽസന്റെ കേരളീയ സത്യസാക്ഷ്യത്തിന്റെ അടയാളമാണ് ഞാൻ പറയുന്നത് ഉഹതമാല പഠിച്ചും ബദർമാല പഠിച്ചും ബദർ പടപ്പാട്ട് പാടിയും ഒക്കെയാണ് ഈ സത്യസാക്ഷ്യത്തിന്റെ അടയാളങ്ങളെ നിലനിർത്തിയിട്ടുള്ളത് അതാണ് നമ്മുടെ പാരമ്പര്യം ആ പാരമ്പര്യത്തിൽ കൂർത്തെടുത്തപ്പെട്ട കണ്ണുകളാണ് ഈ കടന്നു വന്നിരിക്കുന്നത് അത് നിലനിർത്താനുള്ള പ്രതിജ്ഞയോട് കൂടി തിരിച്ചുപോകാൻ വന്നവരാ നമ്മള് അതിവിടെ നിലനിർത്തേണ്ടവരാ നമ്മള് മോയിൻകുട്ടി വൈദ്യർന്ന് കോഴിക്കോട്ട് പോയി താമസിക്കുകയായിരുന്നു അത്രേ ഉഗത യുദ്ധത്തെ കുറിച്ച് അദ്ദേഹത്തെ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തത് ഷെയ് അഹമ്മദ് ദഹ്ലാന്റെ ശിഷ്യനായ കിൽസിന്റെ അകത്ത് അബൂബക്ര കുഞ്ഞിക്കാലിയാണ് എന്ന് പറയുന്നുണ്ട് ഇത് മോയിൻകുട്ടി വൈദ്യ ഉഗത് പടപ്പാട്ടിന്റെ മൂന്നാം വിഷയം പറയുന്നുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് ഹിദംബുബർ കുഞ്ഞിവഹാജി തലവരിലും ഇക്കോർവ് കേൾക്കുക ുംബുബക്ര കുഞ്ഞെ കുഞ്ഞു വഹാജി അബുബക്ര കുഞ്ഞു അദ്ദേഹം പ്രത്യേകമായി പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ട് അതില് അപ്പൊ ആ കാവിയാണ് പടപ്പാട്ടുകൂടെ രചിക്കാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകിയത് പടപ്പാട്ടുകൾ രചിക്കുവാൻ അത് പാടുവാൻ അത് സമൂഹത്തെ തെറ്റിപ്പടുത്തുവാൻ ഒക്കെ ഈ സമൂഹത്തിൽ ഈ സത്യസാക്ഷ്യത്തിന്റെ അടയാളങ്ങളായി പൂർവ്വകാലത്ത് നിലകൊണ്ടത് മഹനീയരായ പണ്ഡിതവര്യന്മാരായിരുന്നു ആ രീതിയിൽ നിങ്ങൾ നോക്കൂ കേരളത്തിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്തുമ്പോൾ കേരളീയ ചരിത്ര സാക്ഷ്യം അല്ലെങ്കിൽ കേരളത്തിന്റെ സത്യ ചരിത്രത്തിന്റെ സാക്ഷ്യം നമ്മൾ പഠിക്കുമ്പോൾ ഈ കാദി കുടുംബത്തിൽപ്പെട്ട പല പ്രമുഖരും പ്രസിദ്ധമായ കൃതികൾ ചരിത്രം എന്ന രീതിയിൽ തന്നെ സമൂഹത്തിന് സമർപ്പിച്ചതായി കാണാൻ കഴിയും അതാത് മാലിക് എന്ന് പറയുന്ന മഹാൻ ഈ കേരളത്തിന്റെ സത്യസാക്ഷ്യത്തെ കുറിച്ചൊരു കൃതി തന്റെ വീശനുണ്ട് വെളിയങ്ങോട്ടെ തട്ടാങ്കര കുറ്റ്യാമൂസ്ലിയാരുടെ സ്വകാര്യ ഉണ്ടായിരുന്ന കയ്യെഴുത്ത ആ കയ്യെഴുത്ത എടുത്തിട്ട് ഇദ്ദേഹം വിവർത്തനം ചെയ്തിട്ട് ഉസൈൻപുര കോഴത്തങ്ങൾ എന്ന് പറയുന്ന കോഴിക്കോട്ടെ കാതിയുടെ സഹായത്തോടെ വിവർത്തനം ചെയ്തിട്ട് അത് മലബാറിലെ ഡെപ്യൂട്ടി കലക്ടർക്ക് നൽകുകയും അദ്ദേഹം വളരെ മനോഹരമായി അത് കേരളത്തിലെ മുസ്ലിംകളുടെ ചരിത്രമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്താണ് സി ഗോപാലൻ മലയാളത്തിലെ മാപ്പറമാ അതിനും സഹായികളായത് ഈ പണ്ഡിതന്മാര് ചരിത്രം എഴുതുവാൻ അതുപോലെ തന്നെ ഈ സമൂഹത്തിന് ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുവാൻ മത സൗഹാർദ്ദം പഠിപ്പിച്ചു കൊടുക്കുവാൻ വൈദേശിക അധിനിവേശത്തിനെതിരെ പൊരിതാൻ പഠിപ്പിച്ചു കൊടുക്കുവാൻ എല്ലാ നിലക്കും ഈ സമൂഹത്തെ സജ്ജരാക്കാൻ മുന്നോട്ട് വന്നത് നമ്മുടെ ബഹുമാന്യരായ സഹീതന്മാരും അലിമീങ്ങളുമാണ് ഈ കൃതി വിവർത്തനം ചെയ്യാൻ സഹായിച്ച ഹുസൈൻ മുല്ലക്കോയങ്ങൾ ബഹുമാനപ്പെട്ട പാണക്കാട് സഹീദ് കുടുംബത്തിന്റെ തലപ്പത്തി ഇവിടെ കടന്നുവന്ന സയ് സിഹാബുദ്ദീൻ അലിയുൽ ഹദർമി എന്ന് പറയുന്ന ആ മഹാന്റെ ഗണത്തിൽ കൂടിക്കൊണ്ടുവന്ന ഒരു മഹാ സഹീദും പണ്ഡിതനുമാണ് ഹുസൈൻ സിഹാബ് മുല്ലക്കോയത്തങ്ങൾ അദ്ദേഹത്തിന്റെ പുത്രൻ കേരളത്തിലേക്ക് ഇസ്ലാമത പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന ഇദ്ദേഹത്തിന്റെ അതേ രീതി സ്വീകരിച്ചു കൊണ്ട് കോഴിക്കോട്ട് കടന്നു വന്ന ഇളയരാജ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഹുസൈൻ മുല്ല കോയത്തങ്ങൾ അദ്ദേഹത്തിന്റെ പുത്രൻ മൊഹ്ദാർ ഷിഹാബ് തങ്ങൾ അദ്ദേഹമാണല്ലോ മലപ്പുറത്ത് വന്ന് പാണക്കാട് കുടുംബത്തിന്റെ ആ അസീവാരമിട്ടത് അദ്ദേഹമായിരുന്നു മലപ്പുറത്ത് ആ കുടുംബത്തെ കൊണ്ടുവന്നത് മൊഹൻദാർ ഷിഹാബുദ്ദീൻ തങ്ങളാ ഈ മൊഹ്ലാർ ഷിഹാബുദ്ദീൻ തങ്ങളുടെ ഒരു അനുജൻ കൂടിക്കോട്ടുണ്ടായിരുന്നു അദ്ദേഹമാണ് അലി ഷിഹാബുദ്ദീൻ അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് കുഞ്ഞിക്കോയുടെ മകനാണ് ഈ ചരിത്ര പരിവർത്തനം ചെയ്ത ബഹുമാനപ്പെട്ട ഹുസൈൻ മുല്ല കോയത്തങ്ങൾ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കേരളത്തിന്റെ തലപ്പത്തിരുന്ന കാതി കുടുംബം അതുപോലെ തന്നെ പാണക്കാട് കുടുംബം അതുപോലെ തന്നെ മഹദൂനികളുടെ പാരമ്പര്യം ഇതെല്ലാമാണ് കേരളത്തിലെ മുസ്ലിംകൾക്ക് ഒരു നവോത്ഥാനവും ചൈതന്യവും കെട്ടുറപ്പും നൽകിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് തെളിയിക്കാൻ കഴിയും ഞാൻ പരത്തി പറയാത്തത് സമയബന്ധിതമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടഹിതർ സ്ലാൻ ആദ്യമായി മഹദൂൻ ഒന്നാമൻ പോയി പഠിച്ചത് എന്ന് സൂചിപ്പിച്ചുവല്ലോ അദ്ദേഹം അവിടെ നിന്ന് പഠിച്ച് അദ്ദേഹം പിന്നീട് വിജ്ഞാനത്തിൽ ദാഹം തീരാതെ അറേബ്യയിലേക്ക് പോയി അറേബ്യയിൽ പോയി അവിടെ ചെന്ന് ഇമാം ജലാനുദ്ദീൻ സൂമിത്തീത്താണ് അതുപോലെ തന്നെ ഇമാം അബൂക്കർ ഹനുറമിതകൾ എന്നിവരുമൊക്കെയായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പരിശുദ്ധ ദിനുൽ ഇസ്ലാമിൽ കൂടുതൽ അവഗാഹം നേടി ഇമാം അഹമ്മദ് ബിൻ ഷംസുദ്ദീൻ എന്ന മഹാപണ്ഡിതനുമായി ബന്ധം സ്ഥാപിച്ചു നൂറുദ്ദീൻ മഹലിദങ്ങളും കമാലുദ്ദീൻ ദിൻഷ്കിയും ഒക്കെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരായിരുന്നു ഒന്നിച്ച് ഊതി പഠിച്ച മഹത്വങ്ങളായിരുന്നു പരിശുദ്ധ ഹർമേൽ അവിടെ നിന്നുമാണ് പിന്നീട് അദ്ദേഹം പോകുന്നത് ഈജിപ്തിലേക്ക് അവിടെ അദ്ദേഹം ആദ്യമായി കേരളത്തിൽ നിന്നും ഈജിപ്തിൽ പോയി ഇൽമുനുഖരാൻ ഭാഗ്യം സിദ്ധിച്ചൊരു മഹാനായിരുന്നു അദ്ദേഹം കോഴിക്കോട്ട് പഠിച്ച് പിന്നീട് ഈജിപ്തിലെത്തി അവിടെ ഷെയ്ഖ് ഹബ്ദുറഹ്മാൻ ആദിമൽ മിശ്രി തങ്ങളിൽ നിന്നും ഹദീഫിൽ അവഗാഹം നേടി അതുപോലെ തന്നെ ഷംസുദ്ദീൻ മുഹമ്മദ് ജോജരി തങ്ങൾ വളരെ പ്രസിദ്ധനായ മഹാനായ ഷെയ്ഖ് സക്കിരി അൽ അൻസാരി തങ്ങൾ ആ മഹത്വകളിൽ നിന്നും ഇൽമ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് പൊന്നാനിലേക്ക് കടന്നു അങ്ങനെ പൊന്നാനിലേക്ക് കടന്നു പൊന്നാനിൽ ഒരു വലിയ പള്ളി സ്ഥാപിച്ചപ്പോൾ വിദേശത്ത് കണ്ടു പഠിച്ച ആ ഒരു വലിയ പാരമ്പര്യം ആധുനിക സിലബസ് അനുസരിച്ചുള്ള ഒരു മനോഹരമായ ദിവസം അദ്ദേഹത്തിന് പൊന്നാനിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞു ആ ദൃശ്യം പൊന്നാനിൽ സ്ഥാപിച്ചപ്പോൾ ആ ദൃശ്സിന്റെ ഖ്യാതി പല ഭാഗത്തും പരന്നു ആ ദർശന്റെ ഖ്യാതി പരന്നപ്പോൾ പലരും ആ ദ്രസ്സിലേക്ക് വരാൻ തുടങ്ങി അന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തോട് ചേർന്ന് കണ്ടിരുന്നതിന്റെ ഭാഗമായിരുന്നു സിലോണിൽ നിന്ന് അതുപോലെ മലേഷ്യയിൽ നിന്ന് ലക്ഷദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ പൊന്നാനിലേക്ക് മഹദൂമിൻറെ പല്ലി ദർശൻറെ പ്രഭ കേട്ടറിഞ്ഞുകൊണ്ട് കടന്നു വരികയും അവിടെ വിളക്കത്തിരുന്ന് കൊണ്ട് ഇൽമ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു നമ്മൾ ഇതിനോടനുബന്ധിച്ച് തയ്യാറാക്കിയുള്ള എക്സിബിഷൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ ആ എക്സിബിഷനിൽ കടന്നു വരുന്ന ഭാഗത്ത് ഒരുക്കിയിട്ടുള്ള ആ കപ്പൽ നിങ്ങൾ കണ്ടിരിക്കും കേരളത്തിലേക്ക് സത്യസാക്ഷത്തിന്റെ അടയാളം കടന്നു വന്ന ആ കപ്പൽ ആ കപ്പൽ കഴിഞ്ഞ് നിങ്ങൾ കയറിയാൽ പൊന്നാനിലെ വിളക്കും അതുപോലെ തന്നെ അവിടുത്തെ കിത്താബോത്തും അത് കഴിഞ്ഞ് പാരമ്പര്യത്തിലൂടെ കടന്നു ഒരു വലിയ ചരിത്രത്തിന്റെ നാളുവെടികൾ നിങ്ങൾക്ക് അവിടെ നമ്മുടെ പ്രഗിൽപരായ സംഘാടകർ ഓർക്കണം നിങ്ങൾ അത് ചെയ്തവർ വളരെ മനോഹരമായിട്ടാണ് കൃത്യം നിർവഹിച്ചിരിക്കുന്നത് നിങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അത് കഴിയും ഈ മഹതും തങ്ങൾ ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴിൽ ജനിച്ച് മരിച്ച മഹാനാണ് നമ്മുടെ കേരളക്കരയിൽ ഒരു വലിയ പള്ളി ദസ് സ്ഥാപിച്ചുകൊണ്ട് ലോകത്തിന് മാതൃക കാണിച്ചത് കോഴിക്കോട്ടെ പള്ളി ദസ് രീതിയിലായിരുന്നുവെങ്കിൽ പൊന്നാനിലെ സ്ഥാപിച്ച ദർസ് വളരെ ആകർഷണീയവും അത് വിദേശത്തെ ആ യൂണിവേഴ്സിറ്റിയോട് കടപിടിക്കുന്നതുമായിരുന്നു അതുകൊണ്ടാണ് പൊന്നാനിലെ ദർസ് കോഴിക്കോടിനേക്കാൾ പിന്നീട് പ്രസിദ്ധമായത് പൊന്നാനിലേക്ക് കൊണ്ടുവരുന്നത് കോഴിക്കോട് വഴിയാണെങ്കിലും പൊന്നാനി ഈ നവോത്ഥാനത്തിന്റെ കേന്ദ്രവും മലബാറിന്റെ മക്കയുമായി അറിയപ്പെടാനുള്ള അതിപ്രധാനമായ കാരണം പരിശോധിച്ചാൽ ആ ദർസിന്റെ സിലബസിന്റെ മഹത്വവും അതിന്റെ പ്രചരണവുമായിരുന്നു അവിടെ നിന്നുണ്ടായ പണ്ഡിതന്മാരാണ് കേരളത്തിലെ വ്യാപകമായ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ ഇസ്ലാമതം അക്കാദമിക തലത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ കേന്ദ്ര ബിന്ദുക്കളായി പ്രവർത്തിച്ചത് എന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ബോധ്യപ്പെടും അദ്ദേഹം എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതി മുർഷിദുത്തുല്ലാബ് അദ്ദേഹത്തിന്റെ കൃതിയാണ് സിറാജുൽ കുലൂബ് അതൊക്കെ നമ്മുടെ കേരളത്തിലെ സത്യസാക്ഷ്യത്തിന്റെ അടയാളങ്ങളാണ് ഷംസുൽ ഹുദുൽ അഹിബ ഇർഷാൽ അതുപോലെ തന്നെ ഹിദായത്ത് ലഭിക്കുകയാണ് ചെറുതും വലുതുമായി ഒട്ടേറെ കൃതികൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് നാം പറയണം കേവലം ഭൗതികരായിരുന്നില്ല ഈ പണ്ഡിതന്മാർ കേവലം ആത്മീയ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരുമായിരുന്നില്ല കേവലം കണ്ടത് അതേസമയത്ത് കേവലം ആത്മീയതയുമല്ല ഭൗതികതയും ആത്മീയതയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് സമന്വയ പഠനം പോലെ സമന്വയ പഠനം ഇന്ന് നമ്മൾ ആവിഷ്കരിച്ചത് പോലെ അവർ സമന്വയ രീതിയിലാണ് സമൂഹത്തിന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അതിന് വലിയ തെളിവാണ് ഞാൻ ഈ വായിച്ച കൃതികൾ ആത്മീയമായി ജനസമൂഹത്തെ സമുദ്ധരിക്കുന്ന മതപരമായി സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ മനോഹരമായ ഗ്രന്ഥങ്ങൾ സമർപ്പിച്ച കുടുംബത്തിലെ പ്രമുഖനായ ഒന്നാമത്തെ ചിന്തിപ്പിക്കുക അതേ പാരമ്പര്യം പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിൽ മുസ്ലിം വിശ്വാസ തഹനിക്കുന്ന വിധം പ്രവർത്തിക്കുന്നുണ്ട് ഇവിടുത്തെ മാനുഷിക ബന്ധങ്ങളെ തകർക്കുന്നുണ്ട് ഇവിടെ സമാധാനാന്തരീക്ഷത്തിൽ അവരുള്ള കാലത്തോടെ നടത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ പ്രബുദ്ധവൽക്കരിക്കുന്നതിന് വേണ്ടി തഹ്രീൽ എന്ന് പറയുന്ന ഗ്രന്ഥം അവർക്ക് തയ്യാറാക്കുമ്പോൾ ഓർക്കണം ആ തഹരീൽ എഴുതിയ അതേ മഹദൂമു മഹാനായ ഒന്നാമത്തെ മഹദൂം എന്നറിയപ്പെടുന്ന അബോഹിയ സൈനുദ്ദീനും തന്നെയാണ് മംഗൂസ് മോലി ക്രോഡീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തോടാൻ പറഞ്ഞത് ഈ സമൂഹത്തിന് നവോത്ഥാനത്തിന്റെ അടയാളങ്ങളും ശിലകളുമായി സ്ഥാപിച്ചു കൊടുത്ത ഈ ഗ്രന്ഥങ്ങളിൽ ഒന്ന് സ്വീകരിക്കുവാനും മറ്റൊന്ന് കൈയൊഴിക്കുവാനും ആരാ സമൂഹത്തോട് പറഞ്ഞത് ഒന്ന് തിരസ്കരിക്കുവാനും ഒന്ന് സ്വീകരിക്കുവാനും ആരാ സമൂഹത്തെ പഠിപ്പിച്ചത് മഹദോമന്റെ ഈ മങ്കൂസും ഒരു ദിനെ തിരസ്കരിക്കുന്നവരും പരിഹസിക്കുന്നവരും മഹാനായ മഹദോമന്റെ തകരീദിനെ അംഗീകരിക്കുമല്ലോ ആ തകരീദിനെ പുകഴ്ത്തിക്കൊണ്ട് ഗ്രന്ഥം എഴുതിയിട്ടുണ്ടല്ലോ ആ മഹദൂമന്റെ കാഴ്ചപ്പാടിനെ പുകഴ്ത്തിയിട്ടുണ്ടല്ലോ ഒരു ഭാഗം സ്വീകരിച്ച് മറുഭാഗം തള്ളാൻ ആരാക്ക് അവസരം കൊടുത്തത് അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത് രണ്ടും കേരളത്തിന്റെ സത്യസാക്ഷ്യത്തിന്റെ അടയാളങ്ങളാണ് ആടെയാളുകളെ സമൂഹം അംഗീകരിച്ചേ പറ്റു അതുപോലെ നിങ്ങൾ നോക്കൂ ഈ മഹദൂമിന്റെ മൂന്നാമത്തെ പുത്രൻ മുഹമ്മദ് തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രനാണ് ഹർമദ്ദീൻ എന്ന് പറയുന്ന മഹാനായ രണ്ടാമത്തെ മഹദൂവും ആ രണ്ടാമത്തെ മഹദൂവും പരിശുദ്ധ മക്കയിൽ പോയി പത്ത് കൊല്ലം നീണ്ടു നിൽക്കുന്ന ഗ്രന്ഥ നടത്തി പത്ത് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഗ്രന്ഥ പഠനം അവിടെ ആ മഹാനവർ ഇബിൻ ഹജർ ശിഷ്യത്വം സ്വീകരിച്ചു കൊടുക്കണം നിങ്ങൾ ഇബിൻ ഹജർ ഹൈത്തമേതങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ഭാഗ്യമല്ലേ ആ സൗഭാഗ്യം സിദ്ധിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വന്നു അബ്ദുൽ അവസരമുണ്ടായി അല്ലാഹുദ്ദീൻ അബ്ദുൾ ഇവരൊക്കെ ആ മഹാപണ്ഡിതന്റെ ഗുരുവര്യന്മാരാണ് അദ്ദേഹമാണ് തന്റെ ഷെയ്ഫുനായ ബഹുമാനപ്പെട്ട ഇബുലഹി കൊണ്ട് കേരളത്തിലെ ജനസമൂഹത്തിന് വളരെ വ്യക്തമായി ഉപകരിക്കുന്ന വിധത്തിൽ മനോഹരമായി തയ്യാറാക്കിയത് ആ ഫുൽമൊഴിയും തയ്യാറാക്കിയ അതേ കരങ്ങൾ ലോകത്തെ ചരിത്രകാരന്മാരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയാരമിട്ടുദീൻ കൈകൊണ്ട് ഫിഖഹിന്റെ ആധികാരത സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ജനകീയമായ ഒന്ന് അംഗീകരിക്കുന്നു പലതും അംഗീകരിക്കാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ ഫിഖിലെ കാഴ്ചപ്പാടുകൾ ചിലത് കുറാഫാത്താണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്ന ആളുകളുണ്ട് ഒന്ന് സ്വീകരിക്കുന്നതും തള്ളുന്നു അവരിൽ നിന്നാണ് കേരളം ദീൻ പഠിച്ചത് അതൊന്ന് മാറ്റിവെക്കാനും ഒന്ന് സ്വീകരിക്കാനും നമുക്ക് ൾ ഈ കേരളം ആദിത്തങ്ങളാ തന്റെ വെളിയങ്കോട്ട പള്ളിയിൽ അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജനസമൂഹത്തോട് നികുതി പ്രസ്ഥാനത്തിൽ പങ്കുവഹിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അന്നത്തെ തൂക്കുടി സാഹിബിനെയും അതുപോലെ തന്നെ കോഴിക്കോട്ടെ കലക്ടർ മേക്കി സാഹിബിനെയും മുട്ടുകുത്തിച്ച പാരമ്പര്യമുള്ള ഒരു മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട വിളിയങ്കോട്ടമ്മർക്ക് ആതിഥങ്ങൾ ആ വെളിയംകൂട്ടമ്പർക്ക് ആതിഥങ്ങൾ ഈ സമൂഹത്തിന് നവോത്ഥാനത്തിന്റെ മനോഹരമായ മാർഗരേഖകൾ പറഞ്ഞു കൊടുത്തു ഇന്ത്യയിൽ രാഷ്ട്രപിതാവ് സ്വാതന്ത്ര്യ സമൂഹത്തെ പഠിപ്പിക്കണമെങ്കിൽ അദ്ദേഹം ജനിക്കണ്ടേ നമ്മുടെ രാട്ടപിതാവ് ഞാൻ അവഗണിക്കുകയോ ചെറുതാക്കുകയോ അല്ല നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി നമ്മുടെ ദേശീയ നായകന്മാരിൽ പലരും ഈ ഭൂമുഖത്ത് ജനിക്കുന്നതിന്റെ മുൻപ് അള്ളാഹവിന്റെ പരിശുദ്ധ പവനത്തിന്റെ ബെഹ്റാബിൽ വെച്ചുകൊണ്ട് മാലിമ്യങ്ങൾക്ക് നികുതി കൊടുക്കരുതെന്ന് പറഞ്ഞത് ഈ താടിയും തലപ്പാവും വെച്ച പണ്ഡിത പ്രമുഖന്മാരുടെ മുൻകാമിയാണ് ആ നവോത്ഥാനം അവകാശപ്പെടാൻ ആ സമൂഹത്തെ നവോത്ഥാനം പഠിപ്പിക്കുവാൻ ആരാണ് ഈ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സത്യസാക്ഷ്യത്തിന്റെ അടയാളമാണത് നമ്മുടെ പണ്ഡിതന്മാർ കേവലം പള്ളിമുളിൽ കിതാബ് ഒതുക്കൊടുത്തുകൊണ്ട് ചടഞ്ഞിരിക്കുന്നവരായിരുന്നില്ല അവർ കേരളത്തിന്റെ ഇന്ത്യാ മഹാരാജ്യത്തിന്റെ മിടിപ്പുകൾ ശരിക്കറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച ഉജ്ജ്വല വ്യക്തിത്വങ്ങളായിരുന്നു അതിന്റെ അടയാളങ്ങളാണ് നമ്മളി കാണുന്നത് വലിയ കാലഘട്ടമാണ് ബ്രിട്ടീഷ് ആധിപത്യ കാലഘട്ടമാണ് വൈദേശികളായ ബ്രിട്ടീഷുകാർക്കെതിരെ സമരസജരായ ഒരു പട പുറപ്പെടുന്നതിനു വേണ്ടി ഈ ഉമ്മത്തിന്റെ മനസ്സിൽ സൃഷ്ടിച്ച കൃതിയാണത് ആ മാർഗം പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നിരോധിച്ചത് ആ ഗ്രന്ഥം മലയാളക്കരയിലെ ജനങ്ങൾ വായിച്ചാൽ വൈദേശിക അധിനിവേശത്തിന്റെ കൊടിക്കൂടെ വരാൻ കഴിയില്ല ഞങ്ങൾ ഇവിടെ നിർത്തിവെക്കേണ്ടി വരും ഈ അധിനിവേശ പ്രവർത്തനം ചിന്തിച്ചുകൊണ്ട് കനോലി സാഹിബ് ആ പുസ്തകം നിരോധിച്ചു മാത്രമല്ല അന്ന് കനോലി നമ്മുടെ ബഹുമാന്യനായ സെയ്ദ് ഫഗൽ പൂക്കോയെ തങ്ങളെ നാട് കടത്താൻ ഉത്തരവിട്ടു ആ നാട് കടത്താൻ ഉത്തരവിട്ടതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ തലയറുക്കാൻ മാപ്പിളമാര് തീരുമാനിച്ച് കോഴിക്കോട്ട് പോയി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് പരസ്യമായി വധിച്ചത് അന്നതല്ലാതെ മാർഗമില്ലാത്തത് അല്ലാതെ തീവ്രതക്കുള്ള മുതൽക്കൂട്ടായി ആരും മഹാനായ മഹ്ദുവും തങ്ങളുടെ പാരമ്പര്യം മഹാനായ മമ്പുറത്ത് തങ്ങളുടെ പാരമ്പര്യം ആ പാരമ്പര്യമൊക്കെ ഈ സമൂഹത്തിൽ വളരെ വ്യക്തമായി ഈ സമൂഹത്തിന് നവോത്ഥാനം പഠിപ്പിക്കുന്ന പാരമ്പര്യമാണ് അത് ചരിത്ര സാക്ഷ്യമാണ് അത് സത്യ സാക്ഷ്യമാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഹോദരങ്ങൾ വരെ മമ്പറത്തെ തങ്ങന്മാരെ കുറിച്ച് പുസ്തകം ഇറക്കി എന്തിന് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ നായകന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കേവലം ഒരു അധിനിവേശവിരുദ്ധ പോരാട്ടത്തിന്റെ നായകന്മാരായി മാത്രമേ അവരെ കണ്ടുള്ളൂ എന്നാൽ ആത്മീയത അംഗീകരിക്കുന്നില്ല അവർ നമ്മളത് രണ്ടും അംഗീകരിക്കുന്നു സത്യം നമുക്ക് കൊള്ളാവുന്നത് കൊള്ളുകയും നമ്മുടെ മനസ്സിന് തള്ളാൻ തോന്നുന്നു തള്ളുകയും ചെയ്യലല്ലല്ലോ ശരി നമ്മളെക്കാൾ മുമ്പേ നടന്ന ദീനം എന്തെന്ന് ശരിക്ക് പഠിപ്പിച്ചു നിന്നാ മഹത്വക്കളുടെ രീതികൾ മുഴുവൻ അംഗീകരിക്കലല്ല ശരി പണ്ഡിതൻ ആരുണ്ട് നമ്മുടെ സമൂഹത്തിൽ നിഷേധികളുടെ കൂട്ടത്തിൽ മമ്പ്രങ്ങളെക്കാൾ അതുപോലത്തെ ഉമർഗാജിത്വങ്ങളെ അതുപോലെ ഒരു മഹാനാരാവ് വരെ ഈ മഹത്തുകളുടെ ഗുരുവേന്മാരായ കോഴിക്കോട്ടെ പ്രമുഖ പണ്ഡിതന്മാരെക്കാൾ ആരായി സമൂഹത്തിൽ ഇസ്ലാമിക ബോധവും അതുപോലെ തന്നെ ഈ സമൂഹത്തിന് ദേശീയ ബോധവും പഠിപ്പിച്ച ചരിത്രകാരന്മാർ ആരുണ്ട് പണ്ഡിതന്മാർ ആരുണ്ട് ചരിത്രത്തിന്റെ രേഖകൾ വെച്ച് സംസാരിക്കട്ടെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാമല്ലോ അക്കാലഘട്ടം മുതൽ തുറന്നു വന്ന പരിശുദ്ധത്തിനുള്ള പാരമ്പര്യമുണ്ട് ഇസ്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മരണപ്പെട്ടു പോകുന്ന രണ്ടാം മഹതവും ആ രണ്ടാം മഹദോമം പോയി പിന്നെ ഇതറ ആയിരത്തി ഒരുന്നൂറ്റി മുഹമ്മദ് റബ്ദുൽ വഹാബ് ജനിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ സത്യസാക്ഷ്യത്തിന്റെ അടയാളങ്ങൾക്ക് അപ്പുറത്ത് കള്ള കടന്നു വരുന്നത് അങ്ങനെയാണ് പിന്നെ കടന്നു വരുന്നത് നമ്മുടെ പാരമ്പര്യങ്ങളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചിന്ത കൊണ്ടുവരുന്നു നമ്മുടെ ആചാരങ്ങളെ മുഴുവൻ അവര് ഇവിടെ ധാരാളം ചർച്ചകൾ നടന്നത് കൊണ്ട് ചർവ ഞാൻ ഈ സമയം വെളിപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുന്നില്ല നമ്മുടെ പൂർവീക മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗരേഖ കപ്പുറത്തേക്ക് സമൂഹത്തെ ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പൂർവീകരോളം ഇസ്ലാമിക ബോധമോ ചരിത്ര ബോധമോ അതുപോലെ തന്നെ ഇല്ലാത്ത ആളുകളാണ് പിൽക്കാലത്ത് ഈ ചിന്തക്ക് നേതൃത്വം കൊടുത്തത് വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോഴാണ് നമ്മുടെ പൂർവീക മഹത്വക്കളുടെ ആ പാത ആ കേരളീയ അടയാളയുടെ നിലനിർത്തണം എന്നൊരു ബോധം നമ്മുടെ പൂർവീകരായ മഹത്വക്കളായ പണ്ഡിതന്മാരിൽ ഉണ്ടായത് ഇരുപത്തിയൊന്നു വരെ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോയി ഇരുപത് കൾക്ക് ശേഷം ഉണ്ടായ പ്രശ്നം നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ ഗൌരവത്തോടെ നിരീക്ഷിച്ചു നിഷ്പക്ഷ സംഘം വന്നപ്പടും ഐക്യ സംഘം വന്നപ്പോഴും അതിന്റെ വാർഷികം ആഘോഷിച്ചപ്പോഴും ഒക്കെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ധർമ്മഗോധയിലുണ്ട് അവർ ഈ സമൂഹത്തിന് അഖില സുണ്ണത്തിന്റെ ജമായത്തിന്റെ വീക്ഷണം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിച്ച് വേദികളിൽ ഓടി നടന്ന് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ചെയ്തു അതിന്റെ തെളിവല്ലേ താനൂർ കോളേജ് തൊള്ളായിരത്തി നാലിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മിസ്ലാ ഏറ്റെടുത്തു അങ്ങനത്തെ വലിയ ദൃശ്യങ്ങളോട് നമ്മുടെ ഈ പ്രസ്ഥാനം ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആലിമ്യങ്ങൾ കർമ്മമണ്ഡലത്തിലുണ്ട് പിന്നെ എന്തിനാണ് ഈ സമത്ത എന്ന പേരിൽ ആ ഒരു പേര് കൊടുത്തത് ഈ സത്യസാക്ഷ്യത്തിന്റെ അടയാളത്താൻ അങ്ങനെ ഒരു സംഘം ഉണ്ടാക്കിയത് സത്യത്തിൽ ഈ വിധത്തിന്റെ ശക്തികൾ ഇവിടെ ശക്തിപ്പെട്ട് വന്നുകൊണ്ട് അവർ സംഘടിത രൂപത്തിൽ ഈ സമൂഹത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുമ്പോൾ ആ സംഘശക്തിയെ അതേ രീതിയിൽ തന്നെ നേരിടേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെട്ടു നമ്മുടെ പണ്ഡിതന്മാർക്ക് അതുകൊണ്ട് നമ്മുടെ മഹാപണ്ഡിതന്മാർ സമത്ത കേരള എന്ന ഒരു പണ്ഡിത സഭക്ക് രൂപകൽപ്പന നൽകി ആ സമത്ത കേരള ഗം്യം എന്ന പണ്ഡിത സഭ നമ്മള് കാണുമ്പോൾ അതിന്റെ ചരിത്രം പശ്ചാത്തലം ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുകൊണ്ട് ആ മഹത്തായ പണ്ഡിത സഭയെ നമ്മൾ കാണുമ്പോൾ അതിന്റെ തലപ്പത്തിരുന്നത് ആ മഹാൻ ഈ സമൂഹത്തിന് ചില സ്വീകരിക്കുമാറാവട്ടെ അദ്ദേഹത്തിന് കബറന്നാഗ് വിശാലുമാക്കി കൊടുക്കുമാറാവട്ടെ ആ റീസുൽ കണ്ണിയത്ത് അഹമ്മദ് അതുപോലെ തന്നെ ബഹുമാനായംഷു രണ്ട് മഹത്വക്കളാണ് സമത്ത കേരള നാം കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴും രണ്ട് മഹത്തുക്കൾ സമത്ത കേരളത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട കണ്ണീ തുസാദ് മുഷാവറിലാണ് സ്ഥാപിക്കുന്ന കാലഘട്ടത്തിൽ ഈ സമത്തോ അന്ന് അതിന്റെ മുഷാവര മെമ്പറായി ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രാർത്ഥനക്ക് ആമീൻ ചൊല്ലുവാൻ ഇരുന്ന ഒരു മഹാനായ പണ്ഡിതനാണ് അഹമ്മദ് മുസ്ലിയാർ ആ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ജീവിച്ചിരിക്കുമ്പോ ബഹുമാനപ്പെട്ട കണ്ണിയത് മറ്റൊരാളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ സംഘടന ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതും സമത്വ കേരള ജമിയൊരു പേരതിനു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവാവസ്ഥ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് ആ ഗൗരവം സാധാരണക്കാരായ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ഇന്നിപ്പോൾ അവർ പ്രചന്തമായി പ്രചരിപ്പിക്കുന്ന കാര്യം എന്താണ് വ്യാപക പ്രചരണം കണ്ണീർ തുസാദ് മരണപ്പെട്ടതിന്റെ ശേഷം മരണപ്പെട്ടതിന്റെ ശേഷം ഒരു പുതിയ സംഘടന ഉണ്ടായതുപോലെയാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ കണ്ണീർ തുസാദിന്റെ ആണ്ടു നിർച്ചു അവരെന്ന് മഹാനായ കണ്ണീർ തുസാദ് ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി നിന്നും ഇവർ വേർപെട്ടു പോകുന്നത് ഈ ആയിരത്തി മുതൽ ആയിരത്തി വരെയുള്ള കാലഘട്ടം ചുരുങ്ങിയത് ഒരു മൂന്ന് മൂന്നര കൊല്ലമെങ്കിലും നാല് വർഷത്തോളം ബഹുമാനപ്പെട്ട ഷേഫുന കണ്ണീർ ജീവിച്ചിരിക്കുമ്പോൾ മറുവശത്തെ പ്രവർത്തിച്ചില്ലേ കണ്ണിയുസാദിന്റെ ആ സംഘടനയുടെ ധിഖാനം വേറെന്താണ് അള്ളാഹു അനുഗ്രഹിച്ച ഒരു വ്യക്തിത്വം നമ്മുടെ കേരളക്കരയിൽ സമത്ത കേരള ജമ്മ്യത്തരം തലപ്പത്തിരിക്കാൻ മറ്റാരുണ്ടായിരുന്നു ആ കണ്യത്തിനെ ധിഖരിച്ചുകൊണ്ടല്ലേ പ്രസിഡന്റിനെ കൊണ്ടുവന്നത് ആരാണ് പ്രസിഡന്റ് എന്നതല്ല ചർച്ച അങ്ങനെ ഒരു പ്രസിഡന്റിനെ ഉണ്ടാക്കിക്കൊണ്ട് സമത് എന്ന പേരിട്ട് മുന്നോട്ട് പോകുന്നതിന് ആ അപകടം അല്ലെങ്കിൽ കേരളീയ മുസ്ലിം ബോഹ്മെ ഭിന്നിപ്പിക്കുന്നതിന്റെ ആ പശ്ചാത്തലമല്ലേ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത് നമ്മുടെ മനസ്സുകൾ കഥ നിങ്ങൾ ഓർത്ത് നോക്ക് കണ്ണീത്തുസാദ് മരണപ്പെടുമ്പോ ആ മഹാനായ കണ്ണിയതുസാദിന്റെ മയത്ത് നമസ്കരിക്കാൻ അഞ്ചു ലക്ഷം ആളുകൾ സംഗമിച്ചു എന്ന് ഒരു മലയാള പത്രത്തിൽ മനോഹരമായി എഴുതിയത് പ്രൊഫസർ മങ്കഡ് അബ്ദുൽ സാഹ അദ്ദേഹം മരണപ്പെടുമ്പാരാ പ്രൊഫസർ മങ്കഡ് അബ്ദുൽ മരണപ്പെടുമ്പോ ആ മംഗ് അബ്ദുൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് ഒരു വിഭാഗത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഒരു വിഭാഗത്തിന്റെ പ്രസിഡന്റ് ആയ ഒരു വ്യക്തി സമത്ത കേരള ജമ്മുത്തിലും പ്രസിഡന്റിനെ കുറിച്ച് എഴുതുന്നു ഇബ്ന ഹലിഖാനെ ഉദ്ധരിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇമാഅഹമ്മക്ക് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കാരത്തിന് അഞ്ചു ലക്ഷം ആളുകൾ പങ്കെടുത്തു കണ്ണിയതുസാദ് അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കാരത്തിന് എട്ടു ലക്ഷം ആളുകൾ പങ്കെടുത്തു എട്ടു ലക്ഷം ആളുകൾ എന്ന് ബാദാദിൽ പങ്കെടുത്തുവെങ്കിൽ കണ്ണിയതുസാദ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജനാദ നമസ്കാരത്തിന് തവണകളായി പങ്കെടുത്ത ആളുകളെ എണ്ണിയാൽ ഏറ്റവും ചുരുങ്ങിയത് നാല് ലക്ഷം കൂടിയാൽ ആറു ലക്ഷം രണ്ടന്റെയും മദ്യത്തിൽ അഞ്ചു ലക്ഷം എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും എന്നാണ് പ്രൊഫസർ മങ്കടബ്ദു അസിസ്മഴി എഴുതിയത് സമത്വക്കാരൻ എഴുതിയതല്ല സമത്വക്ക് പുറത്തുള്ള ഒരാൾ അയാൾ പോലും ഈ സത്യം എഴുതിയെങ്കിൽ കേരളീയ സത്യസാക്ഷ്യത്തിന്റെ അടയാളമായി കേരളീയ മുസ്ലിം മമ്മത്തിന്റെ പറച്ചെടുപ്പ് കാണിച്ചു തരികയാണ് ഒരു വ്യക്തി മരിക്കുമ്പോൾ ഇത്രയും ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടി ഒരു ഗ്രാമത്തിലേക്ക് ഒഴുകിക്കൊണ്ടവർക്ക് ആ മഹാനുഭാവനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുമ്പോൾ ആ കണ്ണിയതുസാദിനെ പ്രതി ചേർത്തുകൊണ്ട് സമത്ത കേരള ജംയുത്തർമയെ കോടതി കയറ്റിയവർക്കെതിരെ മഹാനായർ കണ്ണിയാർ സമത്ത കേരളയുടെ വേദിയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചൊരു അനുഭവം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ബഹുമാനപ്പെട്ട കണ്ണിയ തുസാദ് സമത്ത കേരള ജംവയ്യോത്തൽമക്കെതിരെ കേസ് കൊടുത്തവർക്കെതിരെ കോഴിക്കോട്ട് വെച്ചും അതുപോലെ തന്നെ മലപ്പുറത്ത് വെച്ചും രണ്ടു പ്രാർത്ഥനകൾ നിർവഹിച്ചു ആ പ്രാർത്ഥനകളുടെ ചരിത്രമാണ് ഇന്ന് കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അന്ന് പറഞ്ഞു സമത്തക്കെതിരെ കേസ് കൊടുത്തവർ അവാഹം മുഖം കെടുത്തട്ടെ സത്യത്തിൽ ഇപ്പൊ നടക്കുന്നതല്ലേ ഇപ്പൊ ആ സമൂഹത്തിന്റെ മുഖം കെട്ടു പറയാൻ ഇവിടെ എല്ലാവരും പ്രതിപാദിച്ചൊരു വിഷയമുണ്ടല്ലോ ഞാനത് പ്രതിപാദിക്കാത്തത് ഇനി എല്ലാവരും അത് അത് മാത്രമേ നമുക്കുള്ളൊന്നും തോന്നണ്ടെന്ന് കരുതിട്ട സത്യത്തിൽ ഇപ്പോ ആ മുടി കത്തുക മാത്രമല്ല അത് കത്തി കരിവാളിച്ചവർ മുഖം കെട്ടിരിക്കുന്നു എന്നതല്ലേ സത്യം ആലോചിച്ചു മുഖം കരിവാളിച്ചില്ലേ കണ്ണീർ തുസ്സാദ് അന്ന് എന്ത് പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ പിടർന്നു അതിലപ്പുറം ഇനി എന്താ നമ്മുടെ സമൂഹത്തിൽ മറ്റൊന്ന് അത്രമാത്രം വശലായ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നു നമ്മളൊക്കെ മനസ്സിലാക്കുന്നു മഹാനായർക്കെ കണ്ണിയത്താമെന്ന് മുസ്ലാൽ പരസ്യമായി തന്നെയാണ് അന്ന് കണ്ണിയത്വത് ആഴ്ചതപ്പോൾ കണ്യത്തിനെ കുറ്റപ്പെടുത്തിയവര് കണ്ണീത്തിന് അത്യംബിത്വമാണെന്ന് പറഞ്ഞു കണ്ണീർത്വസാദിന് അത്യംബിത്വമാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീത്തിന് വരെയ പഠനം മോശമാക്കി വേദിലേക്ക് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയി വെക്കുകയാണെന്ന് പറഞ്ഞു ആ എടുത്തുകൊണ്ട് പോയി വെക്കുന്ന രംഗം അവരവതരിപ്പിച്ചത് ഉപ്പും ചാക്ക് പോലെ എടുത്തു കൊണ്ടുപോകുന്നു എന്നാണ് ഈ സദസ്സിന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങൾ ഓർക്കണം മഹാനായർ സമ കണ് അതിന്റെ കാലിന് അല്പം സ്വാധീനം അദ്ദേഹത്തെ വേദികളിലേക്ക് കൊണ്ടുനടക്കേണ്ടി വന്നത് തന്നെ ഇവർ സമത്വക്കെതിരെ കേസ് കൊടുത്തത് ആ മഹാനുഭാവനെ വേദിയിൽ നിന്ന് വേദിയിലേക്ക് കൊണ്ടുനടക്കുമ്പോർക്കണം ഏതായിരുന്നു ആ കാൽ നമ്മൾ പരിശോധിക്കണ്ടേ സമത്ത കേരളം എന്ന പണ്ഡിത സഭയ്ക്ക് വേണ്ടി തന്റെ ഭവനത്തിൽ നിന്ന് സുഭയ്ക്ക് മുമ്പ് ചൂട്ട് കിട്ടിയിറങ്ങിയിട്ട് മുഷാവരന്റെ ദിവസം സുബിക്കൊമ്പ് അദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാർ പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ പല പണ്ഡിതന്മാരും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് വാഴക്കാട് എന്ന ഗ്രാമത്തിൽ നിന്ന് മുഷാവറ നടക്കുന്ന ദിവസം കെട്ടിയിറങ്ങും അങ്ങനെ ബഹുമാനപ്പെട്ടവർ നടക്കും പറവക്കിലേക്ക് പറവക്ക് ചുങ്കത്ത് ചെന്ന് അവിടെ ഒരു കട്ടൻ കാപ്പി കുടിച്ച് ചായ കുടിച്ച ബഹുമാനപ്പെട്ടവർ അവിടെ കയറി സുബഹി നമസ്കരിച്ച് പിന്നെയും കോഴിക്കോട്ടേക്ക് നടക്കുന്നു ദൈർഘ്യമേറിയ നടത്തും വാഴക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ദൂരം നിങ്ങൾ ആലോചിച്ചു നോക്ക് അറിയുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ ഇവിടെ കോഴിക്കോട്ട് ചെന്ന് മുതാക്കിരപ്പള്ളിയിൽ മുഷാവറ ചേരും ആ മുഷാവറ ചേർന്നുകൊണ്ട് മുഷാവറ യോഗത്തിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ടവർ പത്ത് മണിക്ക് ആ പാഠ്യശാലയിലെ ഉദാരന്മാർ നൽകുന്ന അരി വെച്ചുകൊണ്ട് ഒരു കഞ്ഞിണ്ടാക്കി കുടിക്കുമത്രേ നമ്മുടെ പഴയകാല പണ്ഡിതന്മാർ ആ കഞ്ഞി വെച്ച് പിന്നെയും ജനസമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഫത്തവ് കൊടുത്ത് അവിടെ പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ച് തിരിച്ചു വേഗത്തിലെത്തുന്നതിന് വേണ്ടി ഒരാണ ബഹുമാനപ്പെട്ട കണ്യ പ്രസാദ് കയ്യിൽ ഒരാണ കയ്യിൽ വെച്ചുകൊണ്ട് കണ്ണിയ പ്രസാദ് ബസ് സ്റ്റാൻഡിൽ വരും ആ ബസ് സ്റ്റാൻഡിൽ വന്ന ഒരു അണകൊടുത്ത് വാഹനത്തിൽ ചുങ്കത്ത് വന്നിറങ്ങും ഫറോക്ക് അവിടെ നിന്നും പിന്നീട് വാഹനമില്ല അവിടെ നടന്നിട്ട് വേഗമെത്തും താഴുകളിൽ ബുരുസു നടത്തി കൊടുക്കും കുട്ടികൾക്ക് എന്നെ കേട്ടു നിൽക്കുന്ന സഹപ്രവർത്തകർ മനസ്സിലാക്കണം ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ തിരിച്ചു വരാൻ ഏറെ പറയുന്നു ശിക്ഷഗണങ്ങൾ അത്ഭുതപ്പെട്ടു ആശങ്കപ്പെട്ടു അദ്ദേഹത്തിന്റെ നാട്ടുകാരും മഹല്ല് ഭാരവാഹികളും കുടുംബക്കാരും ഒക്കെ വേവലാതി കൊണ്ടു കണ്ണീർത്തി സാധം പോയിട്ട് തിരിച്ചു വരുന്നില്ല തിരിച്ചു വരാതെ വന്നപ്പോൾ മാര്യവും കഴിഞ്ഞ് സമയം നീണ്ടു പോയപ്പോ ആശങ്കാ ഗുലരായി നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് കണ്ണിയ ഓടിക്കു തെച്ചു വരുന്നു നടക്കാൻ കഴിയുന്ന ആ പ്രായത്തിൽ അദ്ദേഹം വളരെ വേഗത്തിൽ നടന്നു വന്നു ആദ്യം ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ അദ്ദേഹം ചോദിച്ചു എന്നെ കൊണ്ട് നിങ്ങൾക്ക് പ്രയാസമുണ്ടായോ ആ പ്രയാസമുണ്ടായോ എന്ന് ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കണ്യത്ത് സാദ് പറഞ്ഞു ഞാൻ വൈകാൻ കാരണം ഞാൻ കോഴിക്കോട്ട് നിന്ന് സ്ഥിരമായി ഇങ്ങോട്ട് പോരുമ്പോ ഒരാളെ കയ്യിൽ വെക്കും ബസ്സിന് വരാൻ ഞാൻ മുഷാവല കഴിഞ്ഞ പതിവ് പോലെ അങ്ങോട്ട് നടന്നുപോയി ഫറോക്കിലൊന്ന് നിസ്കരിച്ച് പിന്നീട് കോഴിക്കോട്ടെത്തി ഉഷാവറ കഴിഞ്ഞ് പിന്നെ ബസ് സ്റ്റാൻഡിൽ വന്ന് കൊണ്ട് ബസ് കയറാൻ നിൽക്കുമ്പോ എന്റെ കയ്യിൽ ഒരു നാണയം മാത്രമാണുള്ളത് ഒരു സാധു വന്ന് കൈ നീട്ടിയൊരു യാചകൻ ആ യാചകൻ വന്ന് കൈ നീട്ടിയപ്പോ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചൊരു സാധു കൈ നീട്ടുമ്പോൾ ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ എൻറെ കയ്യിലുള്ള ആ നാണയം ഞാൻ എടുത്തു കൊടുത്തു പിന്നെ എനിക്ക് ഒന്നും കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ വാഴക്കാട്ടേക്ക് കോഴിക്കോട്ട് നടന്നിട്ടാണ് വരുന്നത് എന്ന് വളരെയധികം വേദനയോടുകൂടി കണ്ണിയത്ത് പറയുമ്പോൾ കണ്ടുനിന്ന ആളുകൾ കിട്ടുനിന്ന ആളുകൾ കരഞ്ഞു പോയി എന്ന് പറയപ്പെടുന്നു അങ്ങനെ ആ കാൽ നടയായ വേണ്ടി നടന്ന് കാല് തടമ്പിച്ച രോഗിയായ ആ കാല് എടുത്തുകൊണ്ട് വേദിയിലേക്ക് വെക്കുന്ന സമയത്ത് അതിനെ കളിയാക്കി കൊണ്ട് ഒപ്പും പറഞ്ഞ ആളുകൾ സത്യത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ദുനിയവിൽ നിന്ന് അവർക്ക് ഗുരുത്വം കൊടുക്കാൻ എന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എന്ത് ഗൗരവേണ്ട വാക്കാണോ പറഞ്ഞത് ആ മഹാനഭാവൻ സമത്വ കേരള ജമ്യത്തിൽ വേണ്ടി ചെന്ന സേവനത്തിന്റെ ഒരു അംശം ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ തന്റെ പരിശുദ്ധീൻ എന്താ പറഞ്ഞത് മുമ്പ് ചെലവഴിച്ചവരും സമരം ചെയ്തവരുമായ ആളുകൾ അതിന് ശേഷം ചെയ്തവർക്ക് തുല്യനല്ല അതിന് ശേഷം ചെയ്തവരെക്കാൾ ആദ്യം ചെയ്തവർക്ക് ഏറ്റവും കാണുമെന്ന് അവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ടെന്ന് പരിശുദ്ധ കുർഹാന പറഞ്ഞത് ആദ്യ കാലഘട്ടക്കാർക്ക് ദറജ കൂടും ആദ്യ കാലഘട്ടക്കാർക്ക് പതിവ് പ്രതിഫലം കൂടും എന്നാൽ ബഹുമാനപ്പെട്ട ശിവകുലാ ശംശുലമേ നോക്കു നിങ്ങൾ ആരോ നേരത്തോട് അനുസ്മരിച്ചിരുന്നു നെന്മണ്ടയിൽ ശിവഗുന പോയി നിൽക്കുന്ന സമയത്ത് അവിടെ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കാൻ അനുവാദമില്ല ഒരു സ്റ്റേജ് കെട്ടാൻ അനുവാദമില്ല സമത്തോടെ സ്റ്റേജ് കെട്ടാൻ പാടില്ലാത്ത സ്ഥലത്ത് ചെന്നുകൊണ്ട് നമ്മൾക്ക് ഇന്ന് കിട്ടിയ സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരാ ആ മഹാനുഭാവൻ സ്റ്റേജിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സ്റ്റേജ് കെട്ടിയ ശേഷം പ്രസംഗിച്ചു അവിടെ ഒരു പ്രദേശത്ത് വന്ന് ജനങ്ങൾക്ക് സ്റ്റേജ് കെട്ടാൻ നിർദ്ദേശം കൊടുത്ത് ആ നിർദ്ദേശം അനുസരിച്ച് സ്റ്റേജ് ഉണ്ടാക്കിയ ശേഷം പ്രസംഗിക്കുക എന്തൊരു ഗൗരവമുള്ള കാര്യമാണത് അതിനൊക്കെ ത്യാഗം സഹിക്കാൻ നമ്മുടെ മഹത്വക്കളായ പണ്ഡിതന്മാർ മുമ്പിൽ നിന്നു ആ രണ്ട് മഹത്വങ്ങളെ കോടതിയിൽ കേസ് കൊടുത്ത ആളുകൾ പരസ്യമായി കോടതിയിൽ വാദിച്ചത് പണം കൊടുത്ത അഭിഭാഷകനെ കൊണ്ടുവന്ന് കോടതിയിൽ വാദിപ്പിച്ചത് ആ രണ്ടു നേതാക്കളെ വിശ്വാസമില്ല പുതുതലമുറ പഠിക്കണം തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ സമത്തക്കെതിരെ സ്റ്റേ കിട്ടുന്നതിന് വേണ്ടി സമത്ത കേരള ജമ്മിയുത്തലമേടെ നേതാക്കൾക്കെതിരെ കോടതിയിൽ ചെന്നുകൊണ്ടുവരെ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോഴത്തെ നേതൃത്വത്തിൽ വിശ്വാസമില്ല ഇപ്പോഴത്തെ നേതൃത്വം എന്ന് പറഞ്ഞ പോലെ അപ്പോഴത്തെ പ്രസിഡന്റ് കണ്ടിയെത്ത് ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെടുത്തിയതിനാശംസ ആ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് റെസീവർ ഏൽപ്പിക്കണം സമയത്തു പറഞ്ഞ റവന്യൂ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കോടതി നിയമിക്കുക ഏതെങ്കിലും ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെ വലിയ വിഷയങ്ങളാകുമ്പോൾ മുകളിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കും സാധാരണഗതിയിൽ നിയമിക്കാറുള്ളത് തഹസിൽദാർ ആളുകൾ വില്ലേജ് ഓഫീസർ പോലെയുള്ള ഏതെങ്കിലും ആളുകളെ എന്താ ഇവര് പറഞ്ഞ വാചകം കണ്ണീർത്തുസാധനയും ശംസുനമേയും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങൾക്ക് തഹസിൽദാരും വില്ലേജ് ഓഫീസറും വിശ്വാസമാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ഈ പരിഹാസം അവര് പറഞ്ഞ വാചകമാണ് കോടതിയിൽ കണ്ണീർത്വ സാധനം പറ്റില്ല ശംസുരമേ പറ്റില്ല വില്ലേജ് ഓഫീസറെ പറ്റും അതുപോലെ തഹസിൽദാർ ഏൽപ്പിച്ചാൽ പറ്റും കോടതി പറഞ്ഞു സമത്വം എന്ന് പറഞ്ഞ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന സംഘടനയല്ല അത് മതവിധി കൊടുക്കുന്ന സംഘടനയാണ് വില്ലേജ് ഓഫീസറും അതുപോലെ തഹസിൽദാരും ഫത്തവ് കൊടുത്താൽ പറ്റൂലല്ലോ അതുകൊണ്ട് അവരെ ഏൽപ്പിക്കാൻ പറ്റില്ല അവരെ ഏൽപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവരോട് ഈ വാദത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഹാജരാക്കാൻ പറഞ്ഞു എന്ത് തടസ്സവാദമാണോ സമത്തകിതർ ഉന്നയിച്ചത് ആ തടസ്സവാദങ്ങൾ ഗണ്ഡിച്ചുകൊണ്ട് ഷെയ്ഖുനാ ശംഷുല്ല്മ അഭിഭാഷകൻ മുഖേന കോടതിയിൽ രേഖകൾ സമർപ്പിച്ചു സ്റ്റേ വെക്കേറ്റ് ചെയ്തു ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യുമ്പോ നമ്മൾ ഓർക്കണം ഒരേ ദിവസം ഒന്നിലധികം സ്റ്റേ കിട്ടുന്നതിന്റെ വേണ്ടി അവിടെ ശ്രമിച്ചു കൊടുത്ത സ്റ്റേകൾ ഒറ്റ ദിവസം ചെയ്തു എല്ലാം അന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംഷുല്ലമ്മ പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു ഈ സ്റ്റേ സമത്ത സ്റ്റേ വന്നപ്പോ കോടതി സ്റ്റേ വന്നിട്ടുണ്ടല്ലോ എന്ന് ഷെയ്ഖുനായിട്ട് പറഞ്ഞപ്പോ പറഞ്ഞു പത്രേ കർക്കിടമാസത്തിൽ ഒരാളുടെ കിണറിങ്ങനെ നിറഞ്ഞൊഴുകുമ്പോ വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന സമയത്ത് ഒരാൾ ചെന്നിട്ട് എന്റെ കിണറിന് തീ പിടിക്കുന്നു എന്ന് കോടതിയോട് പറഞ്ഞാൽ എടോ കോടതി സ്റ്റേ കൊടുക്കും കർക്കിട മാസമാണ് മഴ പെയ്യുന്നുണ്ട് കിണറിന് തീപിടിക്കും എന്നൊന്നും കോടതി നോക്കൂല അത് പിന്നെ വാദിക്കുമ്പോഴാണ് തെളിയിക്കേണ്ടത് അതുകൊണ്ട് കൊടുത്ത് സ്റ്റേ വെക്കേറ്റ് ചെയ്യാനും കഴിയുമെന്ന് പറഞ്ഞു അതുപോലെ സമത്തയുടെ അഭിഭാഷകൻ കോടതിയിൽ പോയി രേഖ കൊടുത്തപ്പോ സ്റ്റേ ഉടനെ വെക്കേറ്റ് ചെയ്തു സ്റ്റേ വെക്കേറ്റ് ചെയ്ത ഉടനെ സമത്തെ കേരള ജമ്യത്തിന് യോഗം വിളിച്ചു എറണാകുളം സമ്മേളനത്തിന്റെ പശ്ചാത്തലമായിരുന്നു സമത്ത മുഷാവറ ഔദ്യോഗികമായി യോഗം ചേർന്നുകൊണ്ട് നാപ്പതങ്ങ മുഷാവറ ഇന്നും അതിന്റെ രേഖ സമത്വനുടയിലുണ്ട് നാപ്പതങ്ങ മുഷാവറ സമത്തേർന്നുകൊണ്ട് തീരുമാനമെടുത്തു ഇപ്പോൾ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് എറണാകുളത്ത് അങ്ങനെ സമ്മേളനം നടത്തേണ്ടതില്ല സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാകുമെന്നാണ് സമത്തെ കണ്ട കാരണം ആ ഭിന്നിപ്പുണ്ടാകുമെന്ന കാരണത്താൽ എറണാകുളം സമ്മേളനം ഇപ്പോൾ നടത്തേണ്ടതില്ല മറ്റൊരു തീയതിക്ക് നടത്താമെന്ന് സമത്ത് തീരുമാനിച്ചപ്പോ അതേ മുഷാവറിയിൽ പങ്കെടുത്ത് പുറത്തിറങ്ങിയ ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം വളരെ പരസ്യമായി പത്രക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മുഷാവരം മുടക്കിയാലും എറണാകുളം സമ്മേളനം നടത്തും സമത്തെ കേരള ജമ്മയ്യത്തുലമേന്ന നാൽപ്പതങ്ങ് മുഷാവറിലെ പരമോന്നത സഭയ്ക്കെതിരെ ആദ്യമായി പത്രക്കാരോട് പറഞ്ഞു മുഷാവറ വിലക്കിയാലും സമ്മേളനം നടത്തും അതോടുകൂടി പുറത്താക്കാം പക്ഷെ പുറത്താക്കിയില്ല സമത്തിന്റെ നേതാക്കൾ ആലോചിച്ചു ചിന്തിച്ചു നമ്മുടെ നേതാക്കൾ അങ്ങനെയാണ് വളരെ ആലോചിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആലോചിച്ചു സമ്മേളനം നടക്കുമോ നോക്കട്ടെ നടത്തി നടത്തിയപ്പോൾ ആറുപേരതിൽ പങ്കെടുത്തു അവര് പങ്കെടുത്തപ്പോൾ യോഗം ചേർന്നു കൊണ്ട് സമത്ത അച്ചടക്ക നടപടി സ്വീകരിച്ചു ആറുപേരെ പുറത്താക്കി പുറത്താക്കുമ്പോൾ പോലും സമത്ത കേരള ജമ്യത്തിലും അതിന്റെ മാന്യത പാലിച്ചു ജനൽ ബോഡി മെമ്പർഷിപ്പ് നിലനിർത്തി എന്തിന് ആരും ഇവരോട് ചോദിച്ചു നോക്കൂ ജനറൽ ബോഡി മെമ്പർഷിപ്പ് നിലനിർത്തി ആ ജനൽ ബോഡി മെമ്പർഷിപ്പ് നിലനിർത്തിയത് തിരിച്ചു വന്നാൽ അകത്ത് കയറാൻ കൊടുത്തതാ എന്നാൽ തിരിച്ചു നടക്കുന്നതിന് പകരം അവർ ചെയ്ത പ്രവർത്തനം അഡ്വക്കേറ്റ് അരവിന്ദ് സമീപിച്ചുകൊണ്ട് നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മുഷാവറ തട്ടിക്കൂട്ടി ആ മുഷാവറ ഉണ്ടാക്കി അവരും സമത്ത് എന്ന പേര് വെച്ചു ആ ബോർഡും ബാനറും കൊടിയും വെച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി അന്ന് ശേഖുലാ ശംഷുലമ്മയോട് നമ്മുടെ പ്രവർത്തനോട് ചോദിച്ചു കേസ് കൊടുത്തുകൂടെ അവർക്കെതിരെ അവരും സമത്ത് എന്നാണല്ലോ പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുലാ ശംഷുലമ്മ പറഞ്ഞു ആ പേരിനെതിരെ കേസ് കൊടുത്തുകൊണ്ട് ഫലമില്ല അവരതിന്റെ കൂടെ വേറെന്തെങ്കിലും കൂട്ടിച്ചേർക്കും സമത്ത കേരളം നായർ പരിശത്ത് പോലെ എന്തെങ്കിലും ചേര് അത് സംഭവിച്ചല്ലോ അവരുടെ കയ്യിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ഒരു പേരുണ്ട് സമത്ത കേരളമാ എങ്കിലും നമ്മൾ ആശങ്കപ്പെട്ടു അപ്പോൾ ഷെയ്ഖുലാൽ പറഞ്ഞു നിങ്ങൾ എന്തിനാ ആശങ്കപ്പെടണം ഒരാളീ നടുറോട്ടിലൂടെ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് നടന്നാൽ ഈ യഥാർത്ഥ പ്രധാനമന്ത്രി ആൾക്കെതിരെ കേസ് കൊടുക്കാൻ ഒരു വെച്ചു അന്ന് അദ്ദേഹം തമാശകർ ഉദാഹരണം പഠിപ്പിച്ചു നമുക്കൊക്കെ ഇപ്പോഴും അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉരവട്ടം ചിത്ര പോയി രോഗികളെ കണ്ടാകാതെ നെഹ്റു വന്നപ്പോ രോഗികളെ പരിചയപ്പെടുത്തി പ്രോട്ടോകോൾ ഓഫീസർമാരൊക്കെ കൂടിയിട്ട് കലക്ടറടക്കം ഇത് നെഹ്റുവാൻയുടെ പ്രധാനമന്ത്രിയാണ് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ രോഗികളല്ലേ ചിലർ ചിരിച്ചു ചിലർ കറിഞ്ഞ ചിലരൊന്നും നിർവികാരായി ഏതാണ്ടൊക്കെ സുഖമായ ഒരു രോഗികൾക്ക് ചാച്ചാ ഇന്ത്യൻ പ്രൈം എന്ന് പറഞ്ഞപ്പോ ഏതാണ്ട് സുഖമായി വന്ന രോഗി പറഞ്ഞുത്രേ അതിവിടെ വരുമ്പോൾ എല്ലാവരും അങ്ങനെയാണ് പറയാ പോകുമ്പോഴേക്ക് സുഖാവും ഏതാണ്ട് അതുപോലെയാണ് ഷെയ്ഖുനാ ഷംസു മദ്ദിനെ കണ്ടത് കണ്ടുള്ളൂ ആ ഒരു രീതിയിൽ തന്നെയാണ് സംഗതിപ്പെടും പോകുന്നത് സമത്വ കേരള ജമ്മിയെന്ന പ്രവിശാലമായ ഈ സാഗരത്തിനുമ്പിൽ ഈ ആറ് പേർ ഇറങ്ങിപ്പോയി സംഗമിച്ചതൊക്കെ സത്യത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കുന്നത് അപ്പൊ തന്നെ നിങ്ങൾ സമ്മേളനം തുടങ്ങുമ്പോഴേക്കും ഒരു ആരവം ഇനി നാളത്തെ നമ്മുടെ സമ്മേളനം കാണുമ്പോ ഒരു കാര്യം ഞാൻ വളരെ ഖണ്ഡിതമായി പറയാൻ ആഗ്രഹിക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട സമത്വ കേരള ജമ്മിയെന്ന പണ്ഡിത പ്രസ്ഥാനം തെബുലേഗ് ചമാരെ തീരുമാനമെടുത്തപ്പോ ആ തെബുലീഗ് ചമാത്തിനെതിരെ തീരുമാനമെടുത്ത് തെറ്റായിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോജ്ജ്വലായ ചില പണ്ഡിതന്മാർ സമത്തിൽ നിന്ന് മാറി നിന്ന് അഖില കേരള രൂപീകരിച്ചിരുന്നു ആ അഖില കേരള ജമയത്തുലമ എന്ന സംഘടന രൂപീകരിച്ചപ്പോൾ അക്കാലഘട്ടത്തിൽ കുത്തിച്ചെറയിൽ കോഴിക്കോട്ട് ചേർന്നൊരു മഹാസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യദ് പൂക്കോയത്തങ്ങൾ പുതിയ മാളിയക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയത്തങ്ങൾ എന്ന മഹാൻ അവിടെ വെച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു നമുക്ക് അഖിലയും വേണ്ട കൊകിലയും വേണ്ട അഖില അകലെ അഖില അകലെ എന്നൊരു ഒറ്റ ആ നാക്കിന്റെ പറക്കത്തുകൊണ്ട് പിന്നീട് അഖില കേരള ജന്യത്തന്മ പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടു അഖില കേരളത്തിന്റെ ചരിത്രമാണ് കഴിയും അറുപതുകളുടെ സയ്യിദ്ദങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന ഈ പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് ഈ വേദി നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ സ്വസംഘം ഓഫീസ് നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരു ചെറിയ യോഗം ചെന്നപ്പോഴത്തെ അവളുകൾ ഒന്നിച്ചു കൂടി ഈ പന്തലിന്റെ കാൽനാട്ടിൽ കർമ്മം നടത്തിയപ്പോ ഈ പന്തലിന്റെ കാൽനാട്ട് മുബാരക്കായ കരങ്ങൾ കൊണ്ട് നിർവഹിച്ചുകൊണ്ട് പൂക്കോയത്തങ്ങൾ പറഞ്ഞ അതേ നാക്കിന്റെ ഉടമയായ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രം സെയ്ദ ഹൈദഅള്ളി ഷിഹാബുദങ്ങൾ അന്നതിന് കാൽനാട്ടിൽ നടന്ന യോഗത്തിൽ ഈ താഴെത്തിരിക്കേണ്ട പല നേതാക്കളും സാക്ഷിയാ സെയ്ദ ഹൈദലി ശിഹാബിതങ്ങൾ പറഞ്ഞു ഈ കാൽനാട്ടിൽ കർമ്മം ഇത്ര വലിയൊരു സമ്മേളനമായി മാറിയെങ്കിൽ ഇവിടെ നടക്കാനിരിക്കുന്ന മഹാസമ്മേളനം ഈ സമത്ത കേരള ജമ്മയ്യത്തിലുമാ ഒന്നേ ഉള്ളൂ എന്ന് തെളിയിക്കുന്ന മഹാസമ്മേളനമായിരിക്കും കേരളത്തിന്റെ ചരിത്ര സാക്ഷ്യമാണത് ഈ വയലിൽ വെച്ച ബഹുമാനപ്പെട്ട സൈദ് അല്ലി ശിഹാബ് തങ്ങൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കുവായത്തങ്ങളും നാക്കിന്റെ തുമ്പിൽ നിന്ന് അഖിലയും മറ്റുമൊന്നും വേണ്ടെന്ന് പറഞ്ഞ ആ പാരമ്പര്യമുള്ള തങ്ങൾ പറഞ്ഞ ആ വാക്ക് കേരളത്തിന്റെ സുന്നി മനസ്സുകൾ നാളെ ഇവിടെ ചരിത്ര മാറ്റുക തന്നെ ചെയ്യുമെന്ന് ഈ സന്ദർഭം അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും കൂട്ടുകാർ കാര്യം അതിന്റെ തോഫീക്ക് നാളെ ബഹുമാനപ്പെട്ട ശ്രീഫാജ് ശംഷമയുടെ ആണ്ടു ദിവസമാണ് നിങ്ങൾ നോക്ക് അബി ലാഹർ മാസം നാല് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ പിടിച്ചു ആ മാസത്തിന്റെ കണക്ക് നമ്മൾ ഇത് ആരും ചിന്തിച്ചിട്ടില്ല ഷെയഖുനാഥ് ശംസുരമയുടെ ആൺപ ദിവസമാണ് നാളെ നമ്മുടെ മഹാസാഗരനോട് സംഗമിക്കുമ്പോൾ വരക്കിനും മക്കാമിൽ നമ്മൾ നിയന്ത്രിക്കുകയാണ് ആ നിയന്ത്രണം തീർച്ചയായും നമുക്കുണ്ടായിരിക്കും സമയം പാലിക്കുന്നു അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും